അധ്യായം പതിനെട്ട് പിന്നെയെഹോവ അഹറിനോട് അരുളി ചെയ്തതെന്തെന്നാ നീ നിന്റെ പുത്രന്മാരും നിന്റെ വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യം വഹിക്കേണ്ട നീ നിന്റെ പുത്രന്മാരും നിങ്ങളുടെ പൌരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യവും വഹിക്കേണ്ട നിന്റെ പിതൃഗോത്രമായ ലേവിഗോത്രത്തിലുള്ള നിന്റെ സഹോദരന്മാരെയും നിന്നോടുകൂടെ അടുത്തുവരുമാറാക്കണം അവർ നിന്നോട് ചേർന്ന് നിനക്ക് ശുശ്രൂഷ ചെയ്യണം നീയും നിന്റെ പുത്രന്മാരുമോ സാക്ഷ്യ കൂടാരത്തിങ്കൽ ശുശ്രൂഷ ചെയ്യണം അവർ നിനക്കും കൂടാരത്തിനൊക്കെയും ആവശ്യമുള്ള കാര്യം നോക്കേണ്ട എന്നാൽ അവരും നിങ്ങളും കൂടെ മരിക്കാതിരിക്കേണ്ടതിന് അവർ വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളോടും ീഠത്തോടും അടുക്കരുത് അവർ നിന്നോടു ചേർന്ന് സമാഗമന കൂടാരം സംബന്ധിച്ച സകലവേലയ്ക്കുമായി കൂടാരത്തിന്റെ കാര്യം നോക്കേണ്ട ഒരന്യനും നിങ്ങളോട് അടുക്കരുത് ഇസ്രയമക്കളുടെ മേൽ ഇനി ക്രോധം വരാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിന്റെയും യാഗപീഠത്തിന്റെയും കാര്യം നിങ്ങൾ നോക്കേണം ലേവ്യരായ നിങ്ങളുടെ സഹോദരന്മാരെയോ ഞാൻ ഇസ്രയേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്തിരിക്കുന്നു യഹോവയ്ക്ക് ദാനമായിരിക്കുന്ന അവരെ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു ആകയാൽ നീയും നിന്റെ പുത്രന്മാരും യാഗപീഠത്തിങ്കിലും തിരശ്ശീലയ്ക്കകത്തുമുള്ള സകല കാര്യത്തിലും നിങ്ങളുടെ പൗരോഹിത്യം അനുഷ്ഠിച്ച് ശുശ്രൂഷ ചെയ്യാൻ പൗരോഹിത്യം ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു അന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കാൻ യഹോവ പിന്നെയും അഹരോനോട് അരുളിച്ചെയ്തത് ഇതാ എന്റെ ഉദർച്ചാർപ്പണങ്ങളുടെ കാര്യം ഞാൻ നിന്നെ ഫരമേൽപ്പിച്ചിരിക്കുന്നു ഇസ്രയേൽ മക്കളുടെ സകല വസ്തുക്കളിലും അവയെ ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും ഓഹരിയായി ശാശ്വത അവകാശമായും തന്നിരിക്കുന്നു പിയിൽ ദഹിപ്പിക്കാത്തതായി അതിവിശുദ്ധ വസ്തുക്കളിൽ വച്ച് ഇത് നിനക്കുള്ളതായിരിക്കണം അവർ എനിക്കർപ്പിക്കുന്ന അവരുടെ എല്ലാ വഴിപാടും സകല ഭോജനയാകവും സകല പാപയാകവും സകല അകൃത്യാകവും അതിവിശുദ്ധമായി നിനക്കും നിന്റെ പുത്രന്മാർക്കും ഇരിക്കണം അതിവിശുദ്ധ വസ്തുവായിട്ട് അത് ഭക്ഷിക്കണം ആണുങ്ങളെല്ലാം അത് ഭക്ഷിക്കണം അത് നിനക്കുവേണ്ടി വിശുദ്ധമായിരിക്കണം ഇസ്രയേൽ മക്കളുടെ ദാനമായുള്ള ഉദർച്ചാർപ്പണമായ ഇത് അവരുടെ സകല നിരാജന യാഗങ്ങളോടും കൂടെ നിനക്കുള്ളതാകുന്നു ഇവയെ ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു നിന്റെ വീട്ടിൽ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം എണ്ണയിൽ വിശേഷമായതൊക്കെയും പുതുവീഞ്ഞിലും ധാന്യത്തിലും വിശേഷമായതൊക്കെയും ഇങ്ങനെ അവർ യഹോവയ്ക്ക് അർപ്പിക്കുന്ന ആദ്യ ഫലമൊക്കെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു അവർ തങ്ങളുടെ ദേശത്തുള്ള എല്ലാറ്റിലും യഹോവയ്ക്ക് കൊണ്ടുവരുന്ന ആദ്യ ഫലങ്ങൾ യിരിക്കുകയാണ് നിന്റെ വീട്ടിൽ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം ഇസ്രയേലിൽ ശബദാർപിതമായതൊക്കെയും നിനക്കിരിക്കുകയാണ് വേണം മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിലാകട്ടെ സകല ജഡത്തിലും അവർ യഹോവയ്ക്ക് കൊണ്ടുവരുന്ന കടിഞ്ഞൂലൊക്കെയും നനക്കിരിക്കുകയാണ് മനുഷ്യന്റെ കടിഞ്ഞൂലിനെയോ വീണ്ടെടുക്കേണ്ട അശുദ്ധ മൃഗങ്ങളുടെ കടിഞ്ഞൂലിനെയും വീണ്ടെടുക്കുകയാണ് വീണ്ടെടുപ്പ് വിലയോ ഒരു മാസം മുതൽ മേലോട്ടു പ്രായമുള്ളതിനെ നിന്റെ മതിപ്പുപ്രകാരം അഞ്ച് ശേഖൽ ദ്രവ്യം കൊടുത്ത് വീണ്ടെടുക്കണം ഷേക്കൽ ഒന്നിന് ഇരുപത് ഗേരാ പ്രകാരം വിശുദ്ധ മന്ദിരത്തിലെ തൂക്കം തന്നെ എന്നാൽ പശു ആട് കോലാട് എന്നിവയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കരുത് അവ വിശുദ്ധമാകുന്നു അവയുടെ രക്തം യാഗപീഠത്തിന്മേൽ കളിച്ച് മേതസ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കേണ്ട നിരാജനം ചെയ്ത നെഞ്ചും വലത്തെ കൈക്കുറകും നിനക്കുള്ളതായിരിക്കുന്നത് പോലെ തന്നെ അവയുടെ മാംസു നിനക്കിരിക്കേണ്ട ഇസ്രയേൽ മക്കൾ യഹോവയ്ക്കർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദർച്ചാർപ്പണങ്ങളെല്ലാം ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും ഇതെന്നേക്കും ഒരു ലവണ നിയമം ആകുന്നു യഹോവ പിന്നെയും അഹരോനോടുകൊണ്ട് നിനക്ക് അവരുടെ ഭൂമിയിൽ ഒരവകാശവും ഉണ്ടാകരുതരുത് അവരുടെ ഇടയിലും നിനക്കു ഓരോരിയരുത് ഇസ്രയേൽ മക്കളുടെ ഇടയിലേക്ക് ഞാൻ തന്നെ നിന്റെ ഓഹരി അവകാശവുമാകുന്നു എന്ന് അരുളിച്ചു ലേവ്യർക്കോ ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രയേലിൽ ഉള്ള ദശാംശമെല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു ഇസ്രയേൽ മക്കൾ പാപം വഹിച്ച് മരിക്കാതിരിക്കേണ്ടതിന് മേലാ സമാഗമന കൂടാരത്തോട് അടുക്കരുത് ലേവ്യ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള അവരുടെ അകൃത്യം വഹിക്കുകയും വേണം അത് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം അവർക്ക് ഇസ്രയേൽ മക്കളുടെ ഇടയിലുണ്ടാകരുത് ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കുന്ന ദശാംശം ഞാൻ ലേവ്യർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിലും എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു യഹോവ പിന്നെയും മോശയോട് അരുളി നീ ലേവിയറോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രയേൽ മക്കളുടെ പക്കൽ നിന്ന് ഞാൻ നിങ്ങളുടെ അവകാശമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിന്റെ പത്തിലൊന്ന് നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം നിങ്ങളുടെ ഈ ഉദർച്ചാർപ്പണം കളത്തിലെ ധാന്യം പോലെയും മുന്തിരിച്ചക്കിലെ നിറവുപോലെയും നിങ്ങളുടെ പേർക്ക് എണ്ണു ഇങ്ങനെ ഇസ്രയേൽ മക്കളോട് നിങ്ങൾ വാങ്ങുന്ന സകല ദശാംശത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു ഉദർച്ചാർപ്പണം അർപ്പിക്കണം യഹോവയ്ക്കുള്ള ആ ഉദർച്ചാർപ്പണം നിങ്ങൾ പുരോഹിതനായ അഹറുവിന് കൊടുക്കണം നിങ്ങൾക്കുള്ള സകല ദാനങ്ങളിലും ഉത്തമമായ എല്ലാറ്റിന്റെയും വിശുദ്ധ ഭാഗം നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം ആകയാൽ നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങൾ അതിന്റെ ഉത്തമഭാഗം ഉദർച്ചാർപ്പണമായി അർപ്പിക്കുമ്പോൾ അത് കളത്തിലെ അനുഭവം പോലെയും മുന്തിരിച്ചക്കിലെ അനുഭവം പോലെയും ലേവ്യർക്ക് എണ്ണ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലായിടത്തുവച്ചും ഭക്ഷിക്കാം അത് സമാഗമന കൂടാരത്തിങ്കൽ നിങ്ങൾ ചെയ്യുന്ന വേലയ്ക്കുള്ള ശമ്പളമാകുന്നു അതിന്റെ ഉത്തമഭാഗം ഉയർച്ച ചെയ്താൽ പിന്നെ നിങ്ങൾ അതുനിമിത്തം പാപം വഹിക്കുകയില്ല നിങ്ങൾ ഇസ്രയേൽ മക്കളുടെ വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കുകയും അതിനാൽ മരിച്ചുപോവാൻ ഇടവരികയുമില്ല